പിന്നീട് അവനെ രൂപപ്പെടുത്തുകയും തൻറെ ആത്മാവിൽ നിന്ന് അവനിൽ ഊതുകയും ചെയ്തു നിങ്ങൾക്ക് അവൻ കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും നൽകി നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ